അള്ളാഹുസുബഹാനുഹൂവറ്റ ആല തന്റെ ഔദാര്യത്തിൽ നിന്നവർക്ക് നൽകിയതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് കരുതരുത് മറിച്ച് അത് അവർക്ക് ദോഷകരമാണ് അവർ പിശുക്ക് കാണിച്ചത് കിയാമത്ത നാളിൽ അവരുടെ കഴുത്തുകളിൽ ചങ്ങലകളായി മാറ്റപ്പെടും ആകാശഭൂമികളുടെ അനന്തരാവകാശം അല്ലാഹുസുബാനുഹൂവറ്റ ആലായുടേതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹുസുബഹാനുഹൂവറ്റ ആല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു